ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം ജനാലചന സോക്രറ്റീസ് കെ വാലത്ത് സംവിധാനം കെ ആർ ചാർലി പങ്കെടുക്കുന്നവർ എം ഡി രാജേന്ദ്രൻ ശ്രീമൂലനഗരം പൊന്നൻ സിന്ധു ടി ഗംഗാധരൻ ബെൻഹർ വാലത്ത് ജി കെ ഗീത സി രമാദേവി കെ ദിവ്യ കൃപ ഉത്തര ഹരീഷ് ബാൽ വി കെ കെ രമേശ് ജനാല ചാതുരങ്കൊത്തെ ഈ നാടകത്തിന്റെ ആശയത്തിനോ കഥാപാത്രങ്ങൾക്കോ ആരുടെങ്കിലും ജീവിതവുമായിട്ടോ ആരെങ്കിലുമായിട്ടോ യാതൊരു ബന്ധവുമില്ല അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ അത് യാദൃശികവും ചിലപ്പോൾ ആപേക്ഷികവുമായിരിക്കും ഓ ഈ ജനാലയ്ക്ക് എന്തൊരു പിടുത്തം ആന തള്ളിയാലും തുറക്കില്ല ദേശം ചിന്തേരി തള്ളിക്കളയാനേ ഉള്ളൂ അതിനൊരു വിളിച്ചാ കിട്ടില്ലല്ലോ പാടുപെട്ട് തുറന്നിട്ട് എന്തിനാ ആ ജയപ്പന്റെ വീട്ടിൽ വെള്ളം കയറുന്നുണ്ടോന്ന് നോക്കാനല്ലേ ുംകൃതോ കല്യാണി ടീച്ചറേ ഈ ജയപ്പൻ എന്ന് പറയുന്ന ആ അവനുണ്ടല്ലോ അഹങ്കാരി അവന്റെ കുപ്പമാടം വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നത് എനിക്ക് കാണണം രണ്ടാം നിലനിന്നാവുമ്പോ നല്ല ക്ലിയറായിട്ട് കാണലോന്നു വെച്ചിട്ടാ ഈ പാടുപെടുന്നേ അത് തുറക്കണ്ട നല്ല മഴയാ ഒരു കണക്കിനാ ടെ എടുത്തോണ്ട് പോന്നത് ഉണങ്ങുന്നതൊക്കെ തന്നെ പോയിട്ടൊരു കട്ടൻ ചായ പിന്നെ എനിക്കേ വിളക്ക് വെക്കണം എങ്കിലീ ജനാലയെന്ന് സഹായിക്ക മഴ ചാറ്റില് പിടിച്ച് പനിച്ചെങ്ങാനും കിടന്നാലേ പിള്ളേരും അന്വേഷിക്കാൻ എനിക്കാണെ മുമ്പത്തെ പോലൊന്നും ചെയ്യാൻ വയ്യായിരുന്നു ഏ എന്താ ഒന്നുമില്ല സേവനങ്ങള് മൊത്തമായിട്ടൊന്ന് ഓർത്തുപോയി മഴ അങ് കൊട്ടി കയറുകയാണല്ലോ നന്നായി ഈ മഴയ്ക്ക് അവന്റെ മാടം മുങ്ങിയത് തന്നെ ഏ ഇതെന്താ കാണണത് കല്യാണി കല്യാണി ഒന്നിങ്ങ് വന്നേ എടിയ കല്യാണി ദീപം എടീ അവൻറെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട് ആ ജയപ്പന്റെ ഭാര്യ ഉണ്ടല്ലോ ബിന്ദു അവള് പെരുമഴയത്ത് മുട്ടോളം വെള്ളത്തിൽ നിന്ന് അയ്യോ ജയപ്പൻ കൊച്ചിലേയും തോണിലിട്ട് വെള്ളത്തിൽ കൂടെ നീന്തി പോകുന്നു ഹനുമാൻ നെങ്ക ചാടുന്ന പോലെ അവന്റെ അമ്മ കാളിക്കുട്ടിയുണ്ടല്ലോ ആശ്വാസം മുട്ടുകാരി ഒരേടെ കഴിക്കൂലെ പിടിച്ച് വായു വലിച്ചു നിക്കുന്നു ഒരേടെ മൊത്തം വെള്ളം കേറി തടാകം പോലെ വ വേം വന്ന കാണാ വിഷവും സന്തോഷായല്ലോ തരുനാക്ക് ആഘോഷിച്ചോളൂ അതിന് തക്ക ആളുകളുണ്ടല്ലോ അയൽവാസികളായിട്ട് അവരെല്ലാം വിളിക്കുന്നത് സീമേ കുട്ടികളോട് വരാതെ നിങ്ങട്ട് കേറാൻ പറയൂ തരം കിട്ടിയ മഴയത്ത് ചാടാനിക്കുക പനിയാണ് പനി നടക്കുകയും ഞാനീ ഫോൺ എന്നെടുക്കട്ടെ െ വരട്ടെ നിങ്ങനടിച്ചു ഓടി എത്താൻ പറ്റണ പ്രായോ ആരാ എന്താ പങ്ക പിള്ളേര കുഞ്ഞമ്മിന്ന് തുറന്ന് നോക്ക് ജയപ്പിന്റെ വീട്ടിലെ നല്ല അങ്കമാ ഓ വിളക്കം വെച്ച് കണ്ണനെ കഥളിപ്പോഴാ നെയ്ച്ച് പൂജാമുറിയിൽ നിന്ന് ഇങ്ങടെ ഇറങ്ങി പോന്നേ ഉള്ളൂ ഇനിയും കോണി കയറാന്ന് അച്ഛ പാടാണ് പിള്ള എന്താ കണ്ട അതങ്ങട് പറഞ്ഞോളൂ പിള്ള പറയുമ്പോ എനിക്ക് കണ്ട പോലെ തന്നെയാ ആണോ ഉവോ വെള്ളം നന്നേ ഞാൻ കണ്ടു ഈ മഴ ഇങ്ങനൊരു പിടുത്ത രാത്രി മുഴുവൻ പിടിച്ചാൽ ഉറപ്പാ അവൻ ആ സ്ഥലം നമ്മളിൽ ആർക്കെങ്കിലും തീർ തന്നിട്ട് ഈ നാടേ വിട്ടോളും അല്ല പിള്ളേനു വല്ല ഡങ്കിപ്പനിയോ ആയിരിക്കുമോ പായട്ടെ അധമൻ പിന്നെ പിള്ളേനും സന്തോഷിക്കണ്ട ആ കൊച്ചിനു വല്ല അപായവും സംഭവിച്ചാൽ അതിന് വെള്ളക്കെട്ടാണ് കാരണം എന്നും വന്നാൽ താഴ ജാതിയ വകുപ്പ് പലതായിപ്പോൾ പിള്ള ജനാലടച്ച് അവിടെ നിന്ന് മാറിക്കോളും ആര് ചോദിച്ചാലും ഒന്നും കണ്ടിട്ടൂല്ല കേട്ടിട്ടൂല്ല എന്റെ കൊച്ചിനൊന്നും വരത്തില്ലേ ചേട്ടാ ോസിന്റെ എവിടെ ഐസിയുല് കൊണന്നെത്തിച്ചിട്ട് ഒറ്റ പോക്കാം എന്റെ അതിന് കണ്ണോപറേഷൻ കഴിഞ്ഞ എടുത്തേക്കുവാന്നോ നിങ്ങളുടെ കൊച്ചു ഇന്റൻസീവിലാ സീരിയസ് ആ ഡോക്ടർമാര് നോക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഇടാതെ പോയിരിക്കാം അവനൊന്നും വരൂലൊന്നും വരൂല ചേട്ടാ ചേട്ടൻ കൊച്ചിനെ കൊണ്ട് ഓടുമ്പ ഞാനും വരായിരുന്നു ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയപ്പോ അമ്മ അറിയത്ത് പിടിച്ച് നിന്ന് ഏങ്ങി വലിക്കുന്നുണ്ടായിരുന്നു ചുറ്റും വെള്ളാണ് ചേട്ടാ ഞാനെന്ത് ചെയ്യാണ് കൊച്ചിനെട്ടങ്ങാട്ട് പോടാ നീ പറ എനിക്കൊന്നും അറിഞ്ഞോടാ ജനാലടക്കാവോ എന്തിനാണ് കെട്ടിടം കണ്ടിട്ട് എന്തോ പോലെ എന്താണ് ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പ അമ്മ എന്നോട് പറഞ്ഞതാണ് വെള്ളക്കെട്ടിന്റെ കാര്യത്തില് ഒരു പരാതി എഴുതി നഗരസഭയെ കൊടുക്കാൻ അമ്മ പറഞ്ഞു തന്നതാണ് എന്നോട് എഴുതിയെടുക്കില്ല അമ്മ ഇപ്പോഴത് ഓർക്കുന്നുണ്ടാവും ബഹുമാനപ്പെട്ട പാലായിക്കര നഗരസഭ ആരോഗ്യ വിഭാഗം ചെയർമാൻ മുമ്പാകെ പാലാഴിക്കര നഗരസഭ മൂന്നാം വാർഡിൽ നിദിരിക്ക വീട്ടിൽ പരേതനായ വള്ളോൻ ഭാര്യ വിധവയും അറുപത്തഞ്ച് വയസ്സുകാരിയുമായ കാളിക്കുട്ടി സമർപ്പിക്കുന്ന സങ്കടഹരജി ഞാനും എൻ്റെ മകൻ ജയപ്പന എന്നെല്ലാവരും വിളിക്കണ ജയനും അവൻ്റെ പെണ്ണ് ബിന്ദു അതുങ്ങളുടെ കൊച്ച് ഒമ്പത് വയസ്സുള്ള കണ്ണനുമാണ് ഇവിടെ പണ്ടിനാലയ തൊട്ടേ താമസിച്ചു വരണത് ഓട് പൊട്ടിയത് കൊണ്ട് നീല പ്ലാസ്റ്റിക് ഷീറ്റ് പൊതിഞ്ഞ ഒരു നടുമുറിയും ചായ്പ്പും അടുക്കളയും ഉള്ള കൂരയിലാണ് ഞങ്ങൾ കഴിയണം മൂന്നര സെന്റിലാണിത് എൻ്റെ ഭർത്താവ് വള്ളവന്റെ അച്ഛൻ കണ്ണുംകോരനെ നിദീരിക്ക കോയിന്തേനോൻ പതിച്ചു കൊടുത്ത സ്ഥലമാണിത് അങ്ങനെയാണ് ഞങ്ങൾക്കും നിദീരിക്കൽ എന്ന വീട്ടുപേര് വന്നത് മഴക്കാലമായ ഒറ്റ വഴക്കു തന്നെ മെയിൻ റോഡിൽ വെള്ളം നേരെ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള നേരിയ ഇടവഴിയെ ഇങ്ങോട്ട് പോയി ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തണതിന് മുമ്പ് ഒരു ഒമ്പത് സെന്റ് പറമ്പുണ്ട് ദോഹയിലുള്ള ലോഷീടെയാണ് അവനത് വിൽക്കാനിട്ടേക്കാണ് ഇത്തവണത്തെ വരവിന് വിൽക്കുന്നു പറഞ്ഞിരുന്നപ്പ അവടെന്താണ്ടോ ഉപരോധ എന്താണ്ടോ പടർന്നു പിടിച്ചിട്ട് അവന് വരാൻ പറ്റാണ്ടിരിക്കയാണ് മഴക്കാട് വേണ്ട വെള്ളം കെട്ടണ പറമ്പാണത് നിറച്ച് കാട്ടുചേമ്പും പൊന്തേയമാണ് പിന്നെ പാമ്പു റോട്ടിന്ന് വരണ വെള്ളം ആദ്യം ഇപ്പറഞ്ഞ അലോഷിയുടെ പറമ്പ് നിറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാ പിന്നെ വെള്ളത്തിന് പോക്കില്ല പറഞ്ഞ നേരം കൊണ്ട് വെള്ളം ഉപ്പിന് പൊങ്ങും വീട്ടിലെ സാധനങ്ങളൊക്കെ വെള്ളത്തീ പൊങ്ങി നടക്കും നേരത്തെ പറഞ്ഞ ഇടവഴിയുടെ വശത്തുകൂടി ഒരു തോടു പോണുണ്ട് അത് ഞങ്ങളുടെ അയലോക്കാരായ നിതിരിക്ക കൂട്ടരൊക്കെ കൂടെ കൈയേറി അതില് കെട്ടി മണ്ണിട്ട് പൊക്കി ഇല്ലായിരുന്നേ റോട്ടിന്നിടവഴി കൂടെ വരണ വെള്ളം അലോഷിയുടെ പറമ്പും നിറച്ച് നേരെ ആ തോട്ടി കൂടെ അങ്ങാട് പോയേനെ ഇനിയിപ്പോ ഓരോ മഴക്കാലത്തും ഞങ്ങളുടെ ഈ മൂന്നര സെന്റും കൂരയും വെള്ളത്തിലാണ് സാറേ ഇവിടം തൊട്ട് റോഡ് വരെ നീന്തേണ്ടി വരും എനിക്ക് വലിവുണ്ട് എന്റെ പേരക്കുട്ടി കണ്ണനാണേ വാല ടീബി കാലവർഷം കനക്കുമെന്നാണ് റേഡിയത്തില് കേട്ടത് അതുകൊണ്ട് വെള്ളം തോട്ടിലാട്ട് പോകാൻ വേണ്ട നീക്കുപോക്ക് ഉണ്ടാക്കി ഞങ്ങൾ ഈ ദുരിതത്തിൽ നിന്ന് ഈ കൊല്ലെങ്കിലും രക്ഷിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് ഇത് ഞങ്ങൾ മൂന്നാല് കൊല്ലായിട്ട് മുടങ്ങാതെ മഴക്കാലത്തിന് മുമ്പ് തരുന്ന അപേക്ഷയാണ് എന്നാ നാളിതുവരെ അതിനൊരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്നുള്ള കാര്യം കൂടി സാറിനെ ബോധ്യപ്പെടുക്കു നിദീരിക്ക് വീട്ടിൽ മരിക്കു പോയ വള്ളോൻ ഭാര്യ കാളി കിട്ടി ഇത്രേം എഴുതിയിട്ട് നഗരസഭയെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഒന്നുമിണ്ടാണ്ട് ബിന്ദിങ്ങോട്ട് പോര് നടക്കണേ നടക്കട്ടെ നടന്നല്ല ഇനിയും നടക്കും കൊല്ലങ്ങളായിട്ട് നടപ്പല്ല ഉള്ളു അമ്മ തന്നെ ആരെ കൊണ്ടെങ്കിലും എഴുതിച്ച് കൊണ്ടു അതിന് നീ ആ പാത്രത്തിനെ എന്തിനാ സ്നേഹിക്കണ നല്ല പാട് ഇത്തവണ മുഴകാനെത്താ നുമ്മവ ക്ഷമിക്കു അതുകൊണ്ടാണ് പറയണത് ഒന്ന് വെറുതെ ഇരിക്കമ്മേ അടുപ്പില് വെള്ളം കയറണതിന് മുമ്പ് ഞാനീ അരിയൊന്നും വേവിച്ചെടുത്തോട്ടെ പിറകാണെങ്കി നോ അനയാത്തൊരു കഷണമില്ല കത്തിക്ക് വെള്ളം പൊങ്ങുമ്പോ അമ്പലക്കുളത്തിൽ നിന്ന് മീൻ വരും അതിനെ പിടിച്ച ചന്ത കൊണ്ടായി വിൽക്കും എന്നിട്ട് ആകാശിന് ചിക്കൻ ബിരിയാണിയും മേടിച്ചോണും വരൂലേ പിന്നെ ആണ് അമ്മ ചോറ് വെക്കണത് ആ കൊച്ചു നാലാം ക്ലാസ്സിലാണെങ്കിലും അവന്റെ ബുദ്ധി പത്താം ക്ലാസ്സിലാണ് കേട്ടാ ആ മീൻ നമ്മുടെ മുറ്റത്തെത്തണേലേ അതുപോലെ മഴ പെയ്ത് അമ്പലക്കുളത്തില് വെള്ളം പൊങ്ങണ ഒന്ന് പോയടാ വെച്ചിട്ടുണ്ട് കേട്ടാ അതെ ഇനി അങ്ങാണ് വേദ മതി ഒന്ന് പോണണ്ട നീ കാലത്തെ കൊര കണ്ടപ്പോ സ്കൂളിൽ വിടാഞ്ഞതാണ് കുഴപ്പം ചെവി അടച്ചു കെട്ടി തണുപ്പടിക്കാണ്ട് എവിടെയെങ്കിലും പോയി ഇരുന്നട ചക്ക പാല ടി അല്ലേ വാ സ്കൂളിൽ പോകാം അവിടെ ആണ് അടങ്ങി ഇരിക്കെങ്കിലും ചെയ്യും അത് പറഞ്ഞ അവൻ നാല് ചമ കൂടുതല് ചവക്കും മഴ മുറുകേണല്ല കാറ്റുമുണ്ട് ഇത്തവണത് ഓറാനക്കു നൂറാന മുങ്ങും ജയപ്പനിന്ന് എവിടെ പണി ഉണ്ടെന്നും പറഞ്ഞാ പോയത് ജൂസാപ്ലക്കും മഴ കുഴി കുത്തി കൊടുക്കണോന്നും പറഞ്ഞ് പോണണ്ടായിരുന്നിട്ട് നീന്തട്ടെ ആ പങ്കമ്പിള്ള ഒരു വില പറഞ്ഞതല്ലേ അന്നേരം ഇത് കൊടുത്ത് പണ്ടക്കു പണ്ടേ കിഴക്കു ലേശം സ്ഥലം മേടിച്ചൊരു കൂര കുത്തിയിരുന്നെങ്കിലാ ആ അത് മോള് മോഹിക്കണ്ട അതും ആ നിരീക്ഷപ്പങ്കക്ക് കൊടുത്തിട്ട് ജയപ്പൻറെ അച്ഛനെയും അവന്റെ അച്ഛനെയും ചത്തടക്കിയ മണ്ണാടിയത് മണ്ണും കെട്ടിപ്പിടിച്ചിരുന്ന അമ്മക്കും രോഗം കൊച്ചിനും രോഗം എന്നാലും കാരണ മണ്ണ് അത് വിട്ടുള്ള കളിയില്ല ഇല്ലടി ആ അതാണ് അത് നീങ്ങ കെട്ടി കയറി വരണ വെമ്പിള്ളേർക്ക് മനസ്സിലാകൂല്ല മനസിലാകും ലേശം കഴിയുമ്പോ പിന്നെ ഇവിടത്തെ പ്രശ്നം ഇത്തിരി വെള്ളമാണ് അത് മഴക്കാലത്ത് വരും മഴ കഴിയുമ്പോ ഇനി ഇതല്ലണ്ണ സ്ഥലത്ത് എന്ത് പ്രശ്നമുള്ളു ആർക്കറിയാ ഓരോന്ന് കാണുമ്പോടാൻ പോയാലേ ഒരിടത്തും വേര് മോളെ ഓർത്തോ എന്നോട് പറഞ്ഞു എന്നാലും വെള്ളത്തിൽ പോയി ആരാണ് പറഞ്ഞോളെന്തേ വെള്ളം ഇതാരിത് വാ വാ കാ കാണാൻ എപ്പോ കരുതി ഞങ്ങൾ ചപ്പത്ത് വരാനിരിക്കണെന്ന് ബിന്ദുവേ ഇതേ വെള്ളം വരണ മരവിണ്ടാ അരി വെന്ത് കെട്ടി ഭാഗ്യം എന്നാ എടുത്തു പോയാച്ചപ്പുറത്ത് പറ്റോടി അടുക്കളയൊക്കെ ഇപ്പാന്നറിയൂ റോട്ടിലെ കാനയിലെ വെള്ളം അമ്പലക്കുളം കഴിഞ്ഞിട്ടാണ് വരവ് അതാണ് ഇത്രത്തിന് അങ്ങനെ ഭാവമൊന്നുമില്ല മോനെ അതിപ്പോ ആ മുറി നിരക്കും ഞാനിരിക്കണി നടുമുറിയും നിരക്കും പിന്നെ അടുക്കളയും നിറക്കും അപ്പഴേക്കും വീട് പകഞ്ഞു വന്ന് മുമ്മ പറമ്പിറക്കും ൊടുത്തേക്കാണവൻ നനഞ്ഞു കൂർന്ന് കിട്ടിയ പാട്ടകൾ എടുത്ത് പൊക്കത്ത് വെച്ചിട്ടില്ലേ ഓ തേയില ഇച്ചിരി പഞ്ചാര ഇട്ടാ മതിയല്ല തമാച്ചൊക്കെ പറയാൻ അറിയാല്ലേ നീ കട്ടുമ്പരി എന്തിനാണ് പാത്രങ്ങളൊക്കെ എടുത്ത് പൊക്കത്ത് കമ്മത്തി വെച്ചില്ലെങ്കിലേ അതിന്റെ അകത്ത് നീർക്കോലി കേറിയിരിക്കും എടുത്തു വെച്ചാ പിന്നെ ആ മുറിൽ എന്തെടുക്കാണ് അവനവടെ വേഷപ്പുറത്തി പോയിരുന്നു ഇവിടെ നിന്നോടാ പറഞ്ഞത് ഞാനങ്ങോട്ട് വന്ന വെള്ളത്തിട്ട് അടിക്കട്ടാ മോൻ അച്ചമ്മയുടെ വക്കിനിരുന്നോ അങ്ങനെ ആ അച്ഛമ്മൊത്തി പിടിച്ചോളാം അപ്പൊ അച്ഛമ്മയുടെ കണ്ണന ഒട്ടും തണുപ്പൂല വളയ പോടി ബിന്ദുവോ നീ അവിടെ എന്തെടുക്കി ഓ ഈ അമ്മക്ക് എന്താണ് ഈ അരിപ്പാത്രം എവിടെ വെക്കുന്നോർത്തിട്ട് മനുഷ്യൻ പ്രാന്തം പിടിച്ച നിൽക്കുമ്പോഴാണ് ഒരലമാരിണ്ട തട്ടുണ്ടോശം അത്ര പെരുത്തൊന്നും വെള്ളം കേറൂല്ലടി രാത്രിയാവുമ്പോ ജയപ്പൻ ചാരദ കുഞ്ഞമ്മയുടെ മട പൊട്ടിച്ചു വിടൂല്ലേ ഒരു ലെവല വിട്ട് പൊങ്ങണ വെള്ളം പോവൂലേ നേരം പിന്നെ എന്നിട്ട് വെട്ടത്തിന് അവർ അതിരിൽ വന്നിട്ട് തുപ്പി തുപ്പി തെറി പറയും അതും കേൾക്കണം മനുഷ്യൻ ഇത്തവണ നോക്ക് ചാരദ കുഞ്ഞമ്മ രാവിലെ തൊട്ടേ മട്ടിപ്പാവലെ ജനാലയ്ക്കനുണ്ട് കസേരമിട്ടിരിക്കേണ് കടന്നത് തന്നെ ശാരദക്കുഞ്ഞമ്മ പന്തം കത്തിച്ചു നോക്കിയിരുന്നാലും എന്റെ മോൻ ജയപ്പൻ കണ്ണും വെട്ടിച്ച് കാര്യം നടത്തുമോളെ ആഹാ ൊടു മകൻ അത് കോലും കുത്തി തുഴഞ്ഞു നടക്കുന്നു ുട്ടിയും മരുമകളും കൂടി വട്ടവല കൊണ്ടും മത്സ്യബന്ധനം നടത്തുന്നു നല്ലവണ്ണം മീനും കിട്ടുന്നു പൊങ്ങുമായിരിക്കും കാലവർഷം കനക്കുമെന്നാ റേഡിയോവിൽ പറഞ്ഞത് ഞാനും കേട്ടു ആ നമുക്ക് നോക്കാം എന്നാലും അവറ്റകൾക്കൊരു കൂസലില്ല കേട്ടോ അതെ അതെല്ലേ ആ കുടുംബം അപ്പടെ ആശരവിത്തുക്കളാ ആ ചെറുക്കൻ ആ നരുന്ത് എന്താണ് നമ്മുടെ മതിലെ എഴുതി വെച്ച് ഓർമ്മയുണ്ടോ കല്യാണിക്ക് പിന്നെ ഡിങ്കമ്പാണ് നല്ലതല്ലേ പരിഹസിക്കാണീക്കാളും നല്ലത് ഡിങ്കം തന്നെ നിങ്ങൾക്ക് പേരിട്ടോർക്ക് വരുന്നതാ വെള്ളിക്കൂടെ അവന്റെ പറഞ്ഞു കിടക്കട്ടെ അവൻറെ പറമ്പ് കിടക്കട്ടെ എന്ന് പറഞ്ഞ് മണ്ണും പൊക്കി മടേം കെട്ടിവെച്ചിട്ട് കൊതുകടി കൊള്ളുന്നത് ആരാ അവനത് വിറ്റിട്ട് വല്ല കോളനിയിലും പോയി കിടക്കട്ടെ എന്തിനു നമ്മളെ പോലുള്ളവരുടെ ഇടയിൽ തന്നെ കഴിയാൻ നോക്കുന്നു നല്ലപ്പഴയെ ഞാൻ അവനോട് പറഞ്ഞതല്ലേ ഉള്ളവില തരാൻ തന്നേക്കന്ന് തന്നോ അനുഭവിക്കട്ടെ ആ കൂട്ടത്തില് കുറച്ച് നിങ്ങൾ അനുഭവിക്കെ അകത്ത് കൃമികടി പുറത്തു കൊതുകടി അസലായി മഴ പിന്നോ ജാ അവനോട് കേറാൻ പറയാഓടിച്ച് കയറ്റുമ്പോ അവട്ടമ്പ്രാലായിരുന്നു ഇരു മനങ്ങാട് നീക്കണി അതെ ഒരു ബോധവനു ടത്തെ വട്ടവല വെച്ച് എത്ര മീനാണ് ഞാനൊക്കെ പിടിച്ചേക്കണേന്നറിയാവാട മണ്ട ഇത് ജയേട്ട പറഞ്ഞ് ഒരു പനി കഴിഞ്ഞതാണവൻ മതി ഇന്നത്തേക്ക് ധാരാളമായി വട്ടപ്പള്ളി തന്നാ കയറും കച്ചോടാക്കട്ടെ ഹലോ ഹലോ ഹലോ ചില നേരത്തെ ഇങ്ങനെയാ ഹലോ ആ പങ്കപിള്ളേ അതെ അതെ വ്യക്തമാകുന്നില്ല മഴയായിട്ടാവും പിന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ മീൻ പിടിച്ചു പോവുക കച്ചവടത്തിന് ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ കേട്ടെ നടക്കട്ടെ അല്ല പങ്കമ്പിള്ള അമ്പലക്കുളം കവിഞ്ഞുവരുന്ന വെള്ളത്തിലെ മത്സ്യങ്ങളല്ലേ അവയെ പിടിച്ച് വിൽക്കുക കണ്ട നസ്രാണികളും നാലാത്തക്കാരും വാങ്ങി ഭക്ഷിക്കുക എന്താ ഇത് നമ്മളൊക്കെ ഇത് സമ്മതിച്ചു കൊടുക്കാന്ന് വെച്ചാൽ പങ്കമ്പിള്ളക്കൊന്നും തോന്നുന്നില്ല ഇത് കണ്ടിട്ട് ഹലോ ഹലോന്ന തോന്നണ എന്തായാലും ഇത് ഞാനങ്ങനെ വെറുതെ വിടാൻ നിശ്ചയിച്ചിട്ടില്ല കരയോഗത്തിൽ ഒരു കടലാസ് കൊടുക്കണം പിന്നെ കരയോഗക്കാർക്ക് വേറെ പണിയില്ല ഈ വല്ലവന്റെ കുടുംബത്തേക്ക് നോക്കിയിരിക്കണ നേരം കൊണ്ട് അമ്മക്ക് വല്ല ഭാഗവതോ രാമായണോ വായിച്ചൂടെ അതൊക്കെ വായിച്ചതാ അത് പറഞ്ഞ പോലുള്ള കാര്യങ്ങളാ ഞാനും ചെയ്തോണ്ടിരിക്കണേ സീമേ മിണ്ടാണ്ടിരുന്ന പരീക്ഷാ പേപ്പർ നോക്ക് ആഹാ അത് പുതിയ അറിവാണല്ലോ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടോ ജയപ്പനെയും കുടുംബത്തെയും കെടത്തി പൊറുപ്പിക്കരുതെന്ന് എടി ഇത് കലിയുഗം ക്ഷുദ്ര ജന്മങ്ങൾ പെരുകും അവറ്റകളെ സംഹരിക്കാൻ അവതാരങ്ങൾ ഉണ്ടാവണമെന്നില്ല അപ്പോ നമ്മൾ തന്നെ ഒരുമ്പെട്ടറങ്ങണം ഒരുപാട് ഒരുമ്പെട്ടല്ലോ ജയപ്പനെയും കുടുംബത്തെയും കെട്ടുകെട്ടിക്കാൻ ദേവിയുടെ തേർവീതിയിലാണ് അവൻ താമസിക്കണേ ദോഷ സ്ഥലത്ത് അവന്റെ താമസം എന്നൊക്കെ ആളോളെ കൊണ്ട് പറയിച്ചു ഒരു വെള്ളിയാഴ്ച നട്ട പാതിരാക്കി പട്ടിയുടെ കഴുത്തില് പേരക്കിടാവിന്റെ ചെലങ്ങ കെട്ടിയിട്ട് അവന്റെ വേലി നോട്ടുവിട്ടു എന്നിട്ടോ പട്ടി മണിയെങ്കിലേക്ക് കൊറേ നാടുന്നു ബോറടിച്ചത് മെച്ചം അവനും കുടുംബവും സുഖമായിട്ട് കിടന്നിറങ്ങി കോഴിത്തല മുട്ട ചെത്തിപ്പൂ ചേമ്പ് തകിടെ ചാത്തനേറ് എന്തൊക്കെ ബഹളായിരുന്നേ ഒന്ന് പതുക്കാൻ പറ സീമേ ഇത്തവണ നീ നോക്കിക്കോ ഞാനേ ഇടവം പിറന്ന പാട് നേരെ കതിരാടി മഠത്തിൽ ചെന്ന് കടുത്തൊരു പ്രയോഗം തന്നെ ചെയ്തിരിക്കെയാ അതിൽ ജയപ്പിന് പണി പറ്റിയത് തന്നെ മാനത്തെ എപ്പോഴും കരിമേഘങ്ങളല്ലേ എന്ന് നോക്ക് പോയ കൊല്ലങ്ങളിലൊന്നും ഇല്ലാത്ത കൂട്ട് മഴ ഇരുട്ടും കുത്തിയല്ലേ പയ്യനെ അതാ നീ കണ്ടോ ആഹാ അമ്മക്ക് ഈ കൂടോത്രം ഇടുക്കി പോയി ചെയ്തൂടെ ഏ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അയലത്തുകാരായി ഗുസ്തിക്ക് പോയി വല്ല കേസും കൂട്ടോ ആയാ അമ്മയുടെ കൂടെ തൂങ്ങി നടക്കാൻ എനിക്ക് പറ്റില്ല എടുത്താ തീരാത്ത പണിയുണ്ട് ഇപ്പൊ സ്കൂളില് പണ്ടത്തെ പോലെ എന്തെങ്കിലും പഠിപ്പിച്ചെന്ന് വരുത്തി പോന്നാ പോരാ അമ്മയുടെ മോനാണെ പുറത്തും കൊച്ചുങ്ങളുടെ കാര്യവും അടുക്കളയും സ്കൂളും എല്ലാം കൂടി തലയ്ക്ക് പ്രാന്തായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കലേ ജയപ്പൻ എന്തോ കൊണ്ടുവരുന്നുണ്ടല്ലോ മീൻപിറ്റ് തോനെ കാശ് കിട്ടിക്കാണും അമ്മ ആ ജനാലയ്ക്ക് ഇങ് ഏതു നേരം അവിടെ തന്നെ നോക്കിക്കോ ഞാനത് ആണി വെച്ച് അടയ്ക്കും മഴ പെയ്യണേ അമ്പലക്കുളത്തില് വീട്ടിൽ തന്നെ പറഞ്ഞേ നിർത്തടാം എങ്ങനെയെങ്കിലും ഈ വെള്ളത്തിൽ മതി വെക്കുമ്പോ എടി ബിന്ദു ഈ കയറു വലിഞ്ഞ കെട്ടുമ വെള്ളത്തിൽ വെച്ചിരുന്നു ഹൈവേ ഗേറ്റിൽ ചിക്കൻ ബിരിയാണി തന്നെ ഇല്ലാത്ത സ്ഥലത്ത് ചുരുണ്ടുപിടിക്കണം ഇറങ്ങണ എൻ്റെ ഒരു സുഖമുണ്ടല്ല അതാണ് സുഖം വേണെങ്കി ദേ ഇതിങ്ങനെ കൊടും കയ്യും കുത്തി ചരിഞ്ഞു കിടന്ന ആരായി പറയൂ ഈരണ് കശിപൂ നല്ല മണ്ട അച്ഛൻ കിടന്ന അയാളെ പോയി കട്ടില്ല വെള്ളമുള്ള പോയ അടുക്കളെ നല്ല വെള്ളത്തിൽ വാഗഴകട ഓ അവനെ ഇട്ട് വെള്ളം നീന്തിക്കാണ്ട് നിനക്ക് പോയി എടുത്തു കൊടുത്തൂടെ ബിന്ദുണ്ടല്ലോ അവൻ പറഞ്ഞത് ഞായം ഓ മതി വിസ്തരിച്ചത് വാഗ് വന്ന് കിടക്കലി ഉറക്കം വന്നിട്ട് മാറി എങ്ങനെ കിടക്കാൻ ഒരു കട്ടിലും നാലു ണം സർക്കാർ ആശുപത്രിയുടെ കുസയ്ക്ക് മുമ്പിൽ പോയി കൂനിക്കണ്ടേ വെള്ളം നീന്തി അവിടെ എത്തുമ്പോഴേക്കും ആള് കൂടാണ്ടിരുന്നാ മതി എന്നാണ് ദേവി മോചനം എന്താടാ അമ്മ ജോയിക്കണേ അമ്മള ആഗസ്ത്യവാദിനാൻ എന്നാണെന്നി അതെന്താ പതിനാറിന് കേറന്നുടിന്ദോ ദിനോ ദിനോ ആ സിന്തോ ദിനോ ദിനോ ദിനോ ദിനോ ദിനോ ദിനോ தேரே குள்ளுரே ஜெமலபுரம் தேஷம் தேரே குள்ளுரே சோமலபுரம் தேஷம் ஆதிந்தோ நிகிய விநந்தோ மிலா விநந்தோ தகரிந்தோ நிகிய விநந்தோ வெளியானந்தோ தேரே குள்ளுரே ஜெமலபுரம் தேஷம் தேரே சோமலபுரம் தேஷம் കല്യാണി ഇതൊന്ന് നോക്ക് കൊച്ചു വെളുപ്പം കാലത്തെ പാട്ടും പാടി പോകുന്ന പോക്കുണ്ടോ അമ്മയും മോനും മരുമോളും കൊച്ചും ഒക്കെ ഉണ്ട് മുട്ടറ്റും വെള്ളം നീന്തി പോവുകയാണല്ലോ താമസം മാറി ആയിരിക്കോ ഹേയ് വെളിക്കിരിക്കാനുള്ള ൊന്നിനാ ശോധന ആ പാവങ്ങളുടെ പടുതി കണ്ട് ചിരിച്ചാൽ ഉണ്ടല്ലോ ഈ ജമ്പത്ത് നിങ്ങക്ക് വയറ്റിന്നുപോക്ക് ഉണ്ടാവില്ല നിർത്താമോട്ടിടല്ലേ രസം തയ്യാതിരന്തോ കൊള്ളുരുദേശം ില്ല ഞാൻ വെള്ളത്തിലേക്കിടുന്നു ആകെ രണ്ടു നീളോണ്ട് നീന്താൻ പോണ് ഒക്കത്തിരുന്നാ മതി എനിക്കിങ്ങനെ പോകുമ്പോ പണ്ടുമുണ്ടോ പാടത്ത് ഞാറ് പാകിപ്പാകി എങ്ങനെ പോകണമെന്ന് ഓർമ്മ വരും അതാണ് ഞാൻ പാടിപ്പോണേ പാടുമ്പ പാട്ടൊന്നിപ്പിടിച്ചോ ഇല്ല നമ്മടെ ഫാമിലിക്ക് ഈ ഒരു പാട്ട് മാത്രമേ ഉള്ളൂന്ന് കരുതും കേട്ടാ മലരേ തോ tena vedache tenakkoppamguvungayum kadiroppam neranyappa aadil ore gili vannu chadurangottii unna malare malare koope lonnaravatti tenade ൊപ്പം ഗായൊപ്പം നേറന്നപ്പം അതിലോരൂരിയ വന്ന ചാതുരംഗത്തെ ഊനത്തെ ൊപ്പം പോലപ്പം നേരമൊപ്പം അതിലൊരു ഇളി വന്നു കണ്ടേ നാലാം മലരെ മലരേദോപേ മലറവനേ ഹലോ കാണുന്നുണ്ട് പങ്കമ്പിള്ളയെ കേൾക്കുന്നുണ്ട് പാട്ടും പാടിയുള്ള പോക്ക് ഇത്രക്കായിട്ടും അഹമ്മദിക്കു ഒരു കുറവില്ല കേട്ടോ കടുപ്പം തന്നെ തേക്ക് പാട്ട് ഞാറ്റുപാട്ട് കഴിഞ്ഞപ്പ തൂറ്റുപാട്ടായിട്ടി തേന വേദ തേനയ്ക്കൊപ്പം കായും കതിയിലൊപ്പം നേരങ്ങപ്പം ആതിൽ ഒരു വന്ന് ചാതുരം കൊറ്റേ This is Zon India Radio, the news read എന്താ പുരോഗതി എന്നാ പിടി അത്യാവശ്യക്കാരാണെന്ന് വെച്ചാൽ ഞാൻ കേറി സർക്കാർ ആശുപത്രി ആളുകാരെന്നു പറഞ്ഞാൽ പിന്നെ പിടിച്ചാക്കിയിട്ടു ചേട്ടാ ും ഫുള് ആലിപ്പതേന്ന് മോനെ അമ്മക്ക് നിക്കാൻ പറ്റണില്ലല്ലോ മയത്തിലെ കോലാഹലമാണ് പിടിച്ചു എനിക്കതിലും എങ്ങനെയാലും ഒന്ന് പോയാ മതി ഇവിടെ ഈ വീടിപ്പൊക്കെ സഹിച്ച് ഒഴിവായി അമ്മേ കണ്ണാ കേറിക്കോ മാറിക്കോട് ആള് പോട്ടെ അടച്ചുള്ള ടൂറാണല്ലേട്ടോ ചുമ പറഞ്ഞു ചുമട്ടെ പോട്ടെ പോയാ പോരും എന്റെ ജയട്ട വിട് വെറുതെ ആളെ കൊണ്ട് പറയിക്കാൻ നാശം എന്തൊരു കഷ്ടാണെന്നു പിന്നെ ഓ മതിയായി അടുത്ത മഴക്കാലത്തിന് മുമ്പേ പെട്ട വിലക്കെങ്കിലും അങ്ങനെ സ്ഥലം കൊടുത്ത് കെട്ടു പറക്കാൻ നോക്കണില്ലേ ഞാൻ എന്തെങ്കിലും ചെയ്ത് കളയും വെള്ളക്കെട്ടില്ലാത്തപ്പോഴാണെ തന്നെ ഒരു ഓട്ടോറിക്ഷ കയറുവോ ആർക്കെങ്കിലും വല്ല അത്യന്തം വന്ന ആശുപത്രി പോകാൻ ഒന്ന് റോട്ടിലേക്കെങ്കിലും എത്തിക്കണ്ടേ നിങ്ങൾ ഇല്ലാത്തപ്പോഴാണ് ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ വെള്ളക്കെട്ടില്ലേ പൊറുതീം ഓ പോരാഞ്ഞിട്ട് കോളത്തിൽ കക്കൂസയുടെ മുമ്പിലുള്ള ഈ നാണം കെട്ട് കാത്തുനിപ്പും ഇത്രല്ലേ ഉള്ളു അപ്പൊ ആ കസ്തൂർവയുടെ കാര്യ ഗാന്ധിജി ചൂലെടുത്തു കൊടുത്തില്ലേ കണ്ട കക്കൂസൊക്കെ നേരത്തി പിടിച്ച് കഴിഞ്ഞ ഞാനങ്ങനെ വല്ലോന്ന് ഇന്നോട് പറഞ്ഞിട്ടുണ്ടാ ഞാനൊരു ശോചനാലയം കണ്ടെത്തി എല്ലാവരും അതിലേക്ക് നയിച്ച് അതൊരു കുറ്റാണെ അമ്മ ഫസ്റ്റായി അപ്പൊ എന്റെ കസ്തൂർവ ഇവിടെ നില്ല് ഞാൻ കറക്റ്റ് ഓ ആശ്വാസായി നിനക്ക് തോന്നണില്ല ബിന്ദു ഓ തോന്നുന്നുണ്ട് എന്ത് മഴയാണ് കേട്ട താമരശ്ശേരിക്കർക്ക് ദേക്കിന്റെ കൊമ്പറക്കണമെന്ന് പറഞ്ഞിട്ട് ചെന്നണ്ട് മരത്തെ തൊട്ടും എന്താണ് മഴ ആ പാട്ട സൈക്കിൾ കടയുടെ മുല്ലേ അത് വൈകുന്നേരം നാളെ കട കറന്നേരത്ത് ഈ തട്ട് കിടക്കി ദേ തല കുറഞ്ഞ് വെള്ളം തെറിപ്പിക്കാതെ നീ അവിടെ നിന്ന ചായ ഞാൻ അവിടെ തരാ കേറിയ അകത്തും മുഴുവൻ വെള്ളം ഓ ചായതാ മറിക്കണില്ല ജയപ്പാ നിന്റെ പുരേടം ഇപ്പൊ നീന്തൽക്കുളായി കാണല്ലേ വരണ കാണാ ഞാൻ ആ വെള്ളക്കെട്ടി കിടന്നു ചാവേണ്ട നല്ല കാര്യം ഉണ്ടാ നിനക്ക് നീതു കൊടുക്കാന്ന് വെച്ചാ ഏ കിഴക്കപ്പുറത്ത് നല്ല നന്നായ സ്ഥലം ഈ കൃഷ്ണനുണ്ടി നനക്ക് ഇടപാടാക്കി തരും പിന്നെ നിനക്കൊരു കാര്യമറിയാവോ കല്യാട്ടദേവി മച്ചാട്ടമ്പലത്തിലേക്ക് വെള്ളിയാഴ്ച തോറും പാതിരാത്രിയിൽ തേർ സഞ്ചാരം നടത്തുന്ന വീതിലാണ് നിന്റെ പുര ആ ദേവിക്ക് തടസ്സമാണ് നീയൊന്നും രക്ഷപ്പെടില്ല സംഗതി ശരിയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ൂപ്പത്തിയാട്ടിയൊരു പിടുത്തം നിനക്ക് പറ്റാത്ത പണിയില്ലല്ലാ നീ ഇവിടെ തന്നെ ഇണ്ടാവോട്ടാത് അപ്പൊ ഞാൻ ഈ റൂട്ട് തടസ്സത്തിന്റെ കാര്യം പറഞ്ഞു അപ്പൊ പറയണേ അതിപ്പൊ ഞാനവിടെ എത്തുമ്പോ ലെഫ്റ്റാ റൈറ്റോ ഓടിച്ചു പോയാ മതിയില്ല എന്താ അല്ലേ കൃഷ്ണ വിളിച്ചേട്ട മനുഷ്യര് നമ്മുടെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്യടില്ലേ എന്തുവേണ്ട ദൈവങ്ങള് അവർക്കൊരു ഭാവം ഇല്ല ചായടെ കാശ് വേഗം സ്ഥലം ഇട്ടെ അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു പങ്കമ്പിള്ളടും ശാരദാമ്മാടും പറഞ്ഞേക്കല്ലോ കേട്ടാ പാവങ്ങൾ അറ്റാക്കും ഞത്തുപോകും അടിപ്പും മഴ പെയ്യട്ടെട്ടി പെയ്യട്ടെ വണ്ടി പോയി വെക്കാൻ ചെല്ലു വെക്കാൻ ചെല്ലു വട്ടവല അവിടെ റെയ്ഡിയാണ് ആഹാ സൈക്കിള് വെക്കണ സ്ഥലം പട്ടികൾ ഗസ്റ്റ് ഹൗസ് ആക്കിയ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറുമ്പോ ിയാ കഴിയും പറ്റും നായ്ക്കളെ വേദനിപ്പിക്കണമെന്നും പറഞ്ഞ് ചെലപ്പോ കേസും വരും നയത്തി പറഞ്ഞു നോക്കാം സുഹൃത്തുക്കളെ ഈ കട വരാന്തയിൽ ഈ പാട്ട സൈക്കിളിൽ അനുവദിച്ചാലും അടിയമ്പതിവായി വണ്ടി വെക്കണ സ്ഥലമാണെന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ തരൂല്ലേ തരുവോ താടപട്ടി അയ്യോ ഓക്കെ ഓക്കെ നിങ്ങൾ ആരാം കരുമോ ആരാൻ കരു ഞങ്ങനുഭവിച്ചോളാ അനുഭവിച്ചോള കുമ്പം വണ്ടി മഴ കൊണ്ടാലും വേണ്ടൂല ചുരകാധിപത്യം നീണ ആ വാഴട്ടെ മുട്ടിന് വെള്ളമായല്ലോ ശാരദക്കുഞ്ഞമ്മയുടെ ജനാലക്കെണ്ണ് വെട്ടിച്ചു തോട്ടിലേക്ക് വെള്ളം കുത്തിയില്ല ഇന്ന് പുഴ കൊച്ചിനും തോട്ടത്തി കൊച്ചുണ്ട് കണ്ട് കണ്ട് കൊണ്ടുപോകേട്ടാ കൊച്ചിനെയും എപ്പ എത്തിക്കാനാണ് എന്റെ മച്ചാട്ടമ്മേ എന്താ പ്രാണനെടുത്തോ എന്നാലും ഞങ്ങളുടെ കൊച്ചിനെ കൊണ്ടുപോവല്ലേ കുരിയാക്കോസിന്റെ ആരെങ്കിലും വന്നോ എത്ര നേരമായി വിളിക്കുന്നത് ോസ് മരിച്ചാ കുര്യാക്കോടെ കൊച്ചിനകത്തോ മുടി മാറാന്ന് ഞാൻ എന്തോരം പറഞ്ഞ് നല്ല വണ്ടിയും കിട്ടുന്നെങ്കിൽ കൊച്ചിനെ എപ്പഴ്ന്ന് നീ എന്നല്ല ബിന്ദു കൊച്ചിന്റെ എന്റെ മോൻ കണ്ണു തുറന്നാഴ്സ കൊച്ചിന്റെ അച്ഛൻ മാത്രം അത് ചേച്ചി അവിടെ നീ ഇവിടെ ഞാൻ ചെന്നിട്ട് വരാ നമ്മടെ മോൻ രക്ഷപ്പെട്ടടി ഡോക്ടർ പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല ട്രിപ്പഴിമൊക്ക കൊണ്ടുപോന്നു എന്റെ ദേവി മാറി കഴിച്ചോണ്ടാ സത്യമായിട്ടും ചെയ്യൂല നീ വാ അച്ഛമ്മ യാത്ര ചോദിക്കഴക്കാലം കഴിയുമ്പളെങ്കിലും അച്ചമ്മനെ കാണാ കണ്ണാ ചെരുപ്പ് കയ്യെ പിടിച്ച നോട്ടി ചെന്നിട്ടിടാ ഏടാ ജയപ്പാ ഒന്ന് പറയടാ മഴതാഴ്ന്ന് വെള്ളം ഇനി ഇറങ്ങിയോട് പറയടാ നീ ജയട്ടായിട്ട് ഒന്നോട് ചോദിക്കണ അമ്മയും കുട്ടിക്ക് മങ്കൂടെ അവിടെ ഉള്ള സ്ഥലത്ത് എല്ലാവർക്കും കൂടി കഴിയാലോ ഇത് നല്ലവിലക്ക് വിൽക്കാൻ പറ്റുമ്പോ വിറ്റോന്ന് വിട്ട് എന്ത് വീട്ടിൽ കഴിഞ്ഞുകൂടാൻ കിട്ടൂല നീ വെള്ളക്കുഴി കിടന്ന് ചാവൻ എന്നെ ദൈവാധീനത്തിൽ ഇന്നലെ കൊച്ചു രക്ഷപ്പെട്ട് പോണ് ബിന്ദു നീ വെള്ളത്തിനെ പ്രായി കൊണ്ടല്ലേ പോണത് എന്താ നോക്ക് ഞാനിത് കുടിക്കണ് അയ്യേ മനുഷ്യന് നീ വേ എത് തീർത്ഥമാണ് എന്റെ മോന്റെ ജീവൻ രക്ഷിച്ചതേ ഈ വെള്ളം അടി വെള്ളം ഡോക്ടറെ അകത്താട്ട് പിടിച്ചിട്ട് പറഞ്ഞെന്താണെന്നറിയു ഏ അതൊന്ന് പറയാൻ നീ ചെവിതെന്നാ കാലത്തെ മോറും വിൽപ്പിച്ച് കെട്ടിമിറുക്കാൻ ആ വരും ആ കുട്ടിയുടെ അച്ഛനാണല്ലേ താൻ എങ്ങനെ ഈ കൊച്ചിനെ ഇങ്ങോട്ട് എത്തിച്ചത് നല്ല ഓട്ടോയിലും കേട്ടിരിക്കുമല്ലേ ഞങ്ങളുടെ വീട്ടിലേക്ക് അതുപോലും കേറൂല്ല ഡോക്ടർ അതുകൊണ്ട് ഞാൻ എന്റെ തോളത്തിട്ട് മുട്ട വെള്ളത്തിന് ചാരിക്കത് എനിക്കതേ പറ്റുള്ളു ആ നിർത്ത് നിർത്ത് ഞാൻ പറയുന്നതൊന്ന് കേക്ക് വണ്ടി പിടിച്ചൊന്നും കൊണ്ടുവരാഞ്ഞതേ നന്നായിടും താനെങ്ങനെ വെള്ളം എടുത്ത് ചാടിയും ഓടിയും വന്നതുകൊണ്ടാവും കുട്ടിയുടെ വയറ്റിലേക്ക് പോയത് അപ്പാടെ ഛർദിച്ചു പോയി താനൊന്ന് തിരിഞ്ഞേ കണ്ടോ കണ്ടോ എല്ലാം തന്റെ പുറത്തുണ്ട് അതുകൊണ്ട് ഞങ്ങക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല മറിച്ചായിരുന്നെങ്കിൽ ചെലപ്പോ മ്മടെ കയ്യിൽ ബാഗ് വെള്ളത്തിനായാ ഇനി നീ കൊച്ചിനെ കൊണ്ട് പോ വെള്ളത്തിനപ്പോഴ്ക്കരുത് അമ്പർക്കാൻ കഴിഞ്ഞു വന്നത് വെള്ളം അനുഗ്രഹം അനുഗ്രഹം അച്ചമ്മേ ഇവര് കൂട്ടായി രണ്ടും കെട്ടിപ്പിടിച്ച് നിക്കണേ ഞങ്ങാ ബിന്ദു ചെല ദുരിതങ്ങൾ ഉള്ളത് ചെലപ്പോ നല്ലതിനായിരിക്കുമോ ഹലോ ശാരദാമ്മേ ഹലോ ഹലോ ശാരദാമ്മയാണോ അതെ കേട്ടോ ശാരദാമേ ന്യൂസ് ആ വെള്ളക്കെട്ട് കാരണമാണ് കൊച്ചു രക്ഷപ്പെട്ടതെന്ന് ഞാൻ ദേ ഇന്ന് തന്നെ റോഡിൽ നിന്നേ വെള്ളം കാനയിലേക്ക് ആളെ ഏർപ്പാടാക്കുക ആഹാ അവറ്റകളുടെ ചങ്ങാടം കെട്ടിയുള്ള കളിയും മീൻപിടുത്തവും ഉല്ലാസവും ഒക്കെ ഇനിയൊന്ന് കാണണമല്ലോ പെയ്ത്ത് വെള്ളം ഇനി ഒരു തുള്ളി ഞാൻ ആ കുപ്പടം കാണിക്കില്ല അല്ല പിന്നെ എന്താ ഒരു ശബ്ദം അതാ ജനാലകാറ്റ തടഞ്ഞതാ മലരെ മലരെ തോപ്പൊന്നരട്ടി തേനേ സോക്രട്ടീസ് കെ വാലത്ത് എഴുതിയ നാടകം ജനാല സമാപിക്കുന്നു കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും നിധീരിക്കൽ പങ്കൻപിള്ള എം ഡി രാജേന്ദ്രൻ ഭാര്യ കല്യാണി ടീച്ചർ ജി കെ ഗീത പുളിമഠത്തിൽ ശാരദാമ സി രമാദേവി ശാരദാമയുടെ മരുമകൾ സീമ കൃപ ജയപ്പൻ ശ്രീമൂലനഗരം പൊന്നൻ ജയപ്പന്റെ ഭാര്യ ബിന്ദു സിന്ധു ടി ഗംഗാധരൻ ജയപ്പന്റെ മകൻ കണ്ണൻ ബൻഹെർ വാലത്ത് ജയപ്പന്റെ അമ്മ കാളിക്കുട്ടി കെ ദിവ്യ ചായക്കടക്കാരൻ കൃഷ്ണനുണ്ണി വി കെ കെ രമേഷ് ഡോക്ടർ ഹരീഷ് ബാൽ നേഴ്സ് ഉത്തര വഴിപ്പോക്കൻ സോക്രട്ടീസ് കെ വാലത്ത് സംവിധാനം കെ ആർ ചാർലി സഹകരണം എ ഇ വാമനൻ നമ്പൂതിരി രോഷ്ണി അർപ്പണ മെജോ രാജേഷ് വിശ്വംഭരൻ നിർവഹണം എസ് നാരായണൻ നമ്പൂതിരി അവതരണം ആകാശവാണി തൃശൂർ നിലയം